അള്ളാഹു സുബഹാനഹുവച്ച ആലയുടെ മാർഗത്തിൽ ചിലവഴിക്കാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ നിങ്ങളിൽ ചിലർ പിശുക്ക് കാണിക്കുന്നു ആരെങ്കിലും പിശുക്ക് കാണിക്കുന്നുവെങ്കിൽ അവൻ തന്റെ സ്വന്തം ശരീരത്തോടാണ് പിശുക്ക് കാണിക്കുന്നത് അള്ളാഹു സുബഹാനഹുവച്ച ആല ഐശ്വര്യവാനാണ് നിങ്ങളാകട്ടെ ദരിദ്രരുമാണ് നിങ്ങൾ പിന്തിരിഞ്ഞു പോയാൽ നിങ്ങൾക്കു പകരം മറ്റൊരു ജനതയെ അവൻ കൊണ്ടുവരും പിന്നീട് അവർ നിങ്ങളുടെ പോലെയാവുകയില്ല